അധ്യായം പതിനേഴ് ദാവീദ് തൻ്റെ അരമനയിൽ വസിച്ചിരിക്കും കാലത്ത് ഒരു നാൾ നാഥാൻ പ്രവാചകനോട് ഇതാ ഞാൻ ദേവദാരി കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു യഹോവിയുടെ നിയമപ്പെട്ടകമോ തിരശീലകൾക്ക് കീഴെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞു നാഥാൻ ദാവീദനോട് നിന്റെ താൽപ്പര്യം ചെയ്താലും യഹോവ നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ അന്ന് രാത്രി നാഥാന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ നീ ചെന്ന് എന്റെ ദാസനായ ദാവീദിനോട് പറക യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല ഞാൻ ഇസ്രയേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ ഒരു ആലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും നിവാസത്തിൽ നിന്ന് നിവാസത്തിലേക്കും സഞ്ചരിച്ചു എല്ലാ ഇസ്രയേലിനോടും കൂടെ സഞ്ചരിച്ചുവന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എന്റെ ജനത്തെ മേയിപ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രയേൽ ന്യായാധിപതിമാരിൽ ആരോടെങ്കിലും നിങ്ങളെനിക്ക് ദേവതാരു കൊണ്ട് ഒരു ആലയം പണിയാതിരിക്കുന്നത് എന്ത് എന്ന് ഒരു വാക്ക് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ ആകയാൽ നീ എന്റെ ഭൃത്യനായ ദാവീദിനോട് പറയേണ്ടതെന്തെന്നാൽ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നീ എന്റെ ജനമായ ഇസ്രയേലിന് പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കുമ്പോൾ തന്നെ എടുത്തു നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെയിരുന്നു നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം ഞാൻ നിനക്ക് ഉണ്ടാക്കും ഞാൻ എന്റെ ജനമായ ഇസ്രയേലിന് ഒരു സ്ഥലം കൽപ്പിച്ചുകൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാത്തവണ്ണം അവരെ നടുകയും ചെയ്യും പണ്ടത്തെപ്പോലെയും എന്റെ ജനമായ ഇസ്രയേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെപ്പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ ക്ഷയിപ്പിക്കുകയില്ല ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കും യഹോവ നിനക്ക് ഒരു ഗ്രഹം പണിയുമെന്നും ഞാൻ നിന്നോട് അറിയിക്കുന്നു നീ നിന്റെ പിതാക്കന്മാരുടെ അടുക്കൽ പോകേണ്ടതിന് നിന്റെ ജീവകാലം തികയുമ്പോൾ ഞാൻ നിന്റെ ശേഷം നിന്റെ പുത്രന്മാരിൽ ഒരുവനായ നിന്റെ സന്തതിയെ എഴുന്നേൽപ്പിക്കുകയും അവന്റെ രാജ്യത്വം സ്ഥിരമാക്കുകയും ചെയ്യും അവനെനിക്ക് ഒരു ആലയം പണിയും ഞാൻ അവന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും ഞാൻ അവന്റെ പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും നിന്റെ മുൻവാഴ്ചക്കാരനോട് ഞാൻ എന്റെ കൃപ എടുത്തു കളഞ്ഞതുപോലെ അവനോട് അതിനെ എടുത്തു കളയുകയില്ല ഞാൻ അവനെ എന്റെ ആലയത്തിലും എന്റെ രാജ്യത്വത്തിലും എന്നേക്കും നിലനിർത്തും അവന്റെ സിംഹാസനവും എന്നേക്കും സ്ഥിരമായിരിക്കും ഈ വാക്കുകളും ഈ ദർശനവുമെല്ലാം ീദിനോട് പ്രസ്താവിച്ചു അപ്പോൾ ദാവീദ രാജാവ് അകത്തു ചെന്ന് യഹോവയുടെ സന്നദ്ധിയിലിരുന്ന് പറഞ്ഞതെന്തെന്നാൽ യഹോവയായ ദൈവമേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ എന്റെ ഗ്രഹവും എന്തുള്ളൂ ദൈവമേ ഇതും പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യന്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു അടിയന് ചെയ്ത ബഹുമാനത്തെക്കുറിച്ച് ദാവിദിനി എന്തു പറയേണ്ടു നീ അടിയനെ അറിയുന്നുവല്ലോ യഹോവെ അടിയൻ നിമിത്തവും നിന്റെ പ്രസാദപ്രകാരവും നീ ഈ മഹിമയൊക്കെയും പ്രവർത്തിച്ച് ഈ വൻകാര്യമെല്ലാം അറിയിച്ചു തന്നിരിക്കുന്നു ഞങ്ങൾ സ്വന്തം ചെവി കേട്ടതൊക്കെയും ഓർത്താൽ യഹോവി നിന്നെ പോലെ ഒരുത്തനുമില്ല നീയല്ലാതെ ഒരു ദൈവവുമില്ല മിസ്രൈമിൽ നിന്ന് നീ ഉദ്ധരിച്ച നിന്റെ ജനത്തിന്റെ മുമ്പിൽ നിന്ന് ജാതികളെ നീക്കിക്കളകി വലിയതും ഭയങ്കരവുമായ കാര്യങ്ങളാൽ നിനക്ക് ഒരു നാമം സമ്പാദിക്കേണ്ടതിന് ദൈവമേ നീ ചെന്ന് നിനക്ക് സ്വന്തം ജനമായി വീണ്ടെടുത്ത നിന്റെ ജനമായ ഇസ്രയേലിനെ പോലെ ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ നിന്റെ ജനമായ ഇസ്രയേലിനെ നീ എന്നേക്കും നിനക്ക് സ്വന്തം ജനമാക്കുകയും യഹോവേ നീ ദൈവമായി തീരുകയും ചെയ്തുവല്ലോ ആകയാൽ യഹോവേ ഇപ്പോൾ നീ അടിയനെയും അടിയന്റെ ഗ്രഹത്തെയും കുറിച്ച് അരുളി വചനം എന്നേക്കും സ്ഥിരമായിരിക്കട്ടെ അരുളി തന്നെ ചെയ്യണമേ സൈന്യങ്ങളുടെ ഹോവ ഇസ്രയേലിന്റെ ദൈവമാകുന്നു ഇസ്രയേലിന് ദൈവം തന്നെ എന്നിങ്ങനെ നിന്റെ നാമം എന്നേക്കും സ്ഥിരപ്പെട്ട് മഹത്വപ്പെടുകയും നിന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹം നിന്റെ മുമ്പാകെ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ എന്റെ ദൈവമേ അടിയനെ നീ ഒരു ഗ്രഹം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു അതുകൊണ്ട് അടിയൻ തിരുസന്നദ്ധിയിൽ പ്രാർത്ഥിപ്പാൻ ധൈര്യം പ്രാപിച്ചു കയാൽ യഹോവേ നീ തന്നെ ദൈവം അടിയന് ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തു ഇരിക്കുന്നു അതുകൊണ്ട് അടിയന്റെ ഗ്രഹം തിരുമുമ്പാകെ എന്നേക്കും ഇരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിപ്പാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു യഹോവേ നീ അനുഗ്രഹിച്ചിരിക്കുന്നു അതെന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കുന്നുവല്ലോ